ിജ്ഞാസ അതാതോ ധർമ്മ ജിജ്ഞാസ അല്ല അധാതു ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്ന സ്വാധ്യായത്തിന് ശേഷം ധർമ്മത്തെ അറിയണമെന്നാണ് അപ്പോ അതിനുശേഷം അതാതു ബ്രഹ്മജിജ്ഞാസ അപ്പൊ ധർമ്മത്തെ അറിഞ്ഞ് അനുഷ്ഠിച്ചതിന് ശേഷം ധർമ്മ അനുഷ്ഠാനത്തിന് ശേഷം ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് പൂർവക്ഷി പറയുന്നത് സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ശരിയല്ല കർമ്മം ചെയ്യാതെ തന്നെ ഒരാൾക്ക് വാക്യാർത്ഥം ഞാനും ഉണ്ടാകാന് കർമ്മമായിട്ട് ബന്ധമൊന്നുമില്ല വാക്യാർത്ഥം ഞാനെന്ന് വെച്ചാൽ ഉപനിഷത്ത് വാക്യാർ വാക്യങ്ങളുടെ അർത്ഥം ഞാനല്ല മൊത്തം വേദത്തിന്റെ കുറവാണ്ഡത്തിൻ്റെയും ഉത്തരകാണ്ഡത്തിൻ്റെയും എല്ലാം അർത്ഥം ഞാൻ ഉണ്ടാകുന്നതിന് കർമ്മത്തിന്റെ ആവശ്യം കർമാനുഷ്ഠാനമായിട്ട് അതിന് ബന്ധവും പിന്നെ വാക്യാർത്ഥം ഞാൻ എങ്ങനെയുണ്ടാകുന്നത് പൂർവകാന്ഡായാലും ശരി ഉത്തരകാണ്ഡമായ ശരി വാക്യാർത്ഥം ഞാൻ ഉണ്ടാകണമെങ്കിൽ പദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം അതിൻ്റെ ഞാനുണ്ടായിരിക്കണം പിന്നെ വാക്യങ്ങളിൽ ഏതാണ് മുഖ്യം ഏതാണ് ഗുണ എന്നുള്ള ഞാൻ ഉണ്ടായിരിക്കണം പൂർവാപരമായി ചിന്തിക്കണം അതായത് പൂർവാപര ചിന്തിരുമ്പോൾ ഉപക്രമസും അഭ്യാസ പൂർവത ഫലം തുടങ്ങിയ രീതിയിൽ വാക്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം പിന്നെ പൊതുവെ പറയുന്ന ആകാംക്ഷ യോഗ്യതാ സന്നിധി എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ ബോധം ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ബോധം ഉണ്ടായ വേദത്തിലെ ഏത് വാക്യത്തിന്റെ അർത്ഥം ഞാനും ഉണ്ടാവും ഇത്രയാണ് ആവശ്യം അത് പൂർവകണ്ഡാനും ശരി വിശേഷിച്ച ഉപനിഷ്ട് കർമാനുഷ്ഠാനമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അതാണ് അവരുടെ കർമ്മണാമവി വിവിധ പദ്ധതി ശാബ്ദനൂർ യോഗ്യത ഷേധ വാക്യാർത്ഥ പ്രത്യേക അഭാവേന തർത്ഥ അനുഷ്ഠാന പരിവാൻ അഭാവപ്രസംഗം പറയുന്നു കർമ്മങ്ങളുടെ സഹായത്തോടു കൂടി ഏ വാക്യാർത്ഥാനും ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇവിടെ പൂർവക്ഷിയുടെ താല്പര്യം എന്താണ് ജ്ഞാനകർമ്മ സമുച്ചയാണ് ഈ ചർച്ച നീണ്ട് നീണ്ട് നീണ്ടു പോകും അതിൽ പല പല വിഷയങ്ങളും ചർച്ച ചെയ്യും അധ്വൈതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തങ്ങളെല്ലാം ചർച്ച ം അവസാനിപ്പിക്കുന്ന എന്താണ് ജ്ഞാനകർമ്മ സമുച്ചയം സാധ്യമല്ല ഇവിടെ വാക്യാർത്ഥ ജ്ഞാനത്തിന് കർമ്മത്തിന്റെ സഹായം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഈ വാക്യാർത്ഥം വിചാരം ചെയ്യുന്ന സമയത്ത് കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു അല്ലെങ്കിൽ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം ഇന്ന് വാക്യാർത്ഥ വിചാരണം എന്നാലേ വാക്യാർത്ഥം ഞാനും ഉണ്ടാവുമെന്ന് വരും അപ്പൊ അതിന്റെ ആവശ്യമില്ല വാക്യങ്ങളിൽ നിന്ന് എങ്ങനെ അർത്ഥാനം ഉണ്ടാകണമെന്നുള്ള ഭാഷയുടെ നിയമങ്ങൾ അതാണ് ഈ പറയുന്നതിന് ചുരുക്കം അതുണ്ടായാൽ ഞാനും ഉണ്ടാവും വാക്യാർത്ഥം ഞാനും ഉണ്ടാവും അനുപത്തു വ ഇനി അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള ഭാഷയുടെ നിയമങ്ങളൊക്കെ അറിയാം വേദം കേൾക്കുന്നു അർത്ഥം ഞാനുണ്ടായില്ല എന്ത് സംഭവിക്കും പൂർവകാന്ഡത്തിന്റെ അർത്ഥം ഞാനും ഉണ്ടാകില്ല ഉത്തരകാണ്ഡത്തിന്റെ അർത്ഥം ഞാനും ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടാകാതിരുന്നുകഴിഞ്ഞാൽ വിധി പ്രതിഷേധ വാക്യാർത്ഥ പ്രത്യാഭാവേനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനും വേദം കേൾക്കുന്നു എന്താണ് വിധി വാക്യങ്ങളുടെ അർത്ഥം അറിയത്തില്ല നിഷേധവാക്യങ്ങളുടെ അർത്ഥം സ്വർഗകാമോ യു ചെയ്തോ അതിൻ്റെ അർത്ഥം അറിയത്തില്ല സുരാം നിക ചെയ്ത് അതിൻ്റെ അർത്ഥം അറിയത്തില്ല അങ്ങനെ വന്നെന്ത് സംഭവിക്കും അയാൾക്ക് ഒരു കർമ്മം ചെയ്യാനും പറ്റില്ല ചെയ്യാൻ പാടില്ലാത്തതിനെ ഒഴിവാക്കാനും കഴിയാതെ കർമ്മങ്ങളുടെ സഹായം വേണം വാക്യങ്ങളിൽ നിന്ന് അർത്ഥം ഞാനുണ്ടാകണം ഉണ്ടാകുന്നതിന് എന്ന് പറഞ്ഞാല് ഒരു പ്രവൃത്തി ചെയ്യാനും പറ്റത്തില്ല ഒഴിവാക്കാനും പറ്റത്തില്ല എന്തുകൊണ്ട് ഈ വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടായാലേ കർമ്മം ചെയ്യാനോ കർമ്മത്തെ ഒഴിവാക്കാനോ പറ്റും കർമ്മം വേണം വാക്യാർത്ഥ ജ്ഞാനത്തിനെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവും അതുകൊണ്ട് അഥമ ജിജ്ഞാസ എന്ന് പറയുന്നടുത്ത് കർമ്മജ്ഞാനത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ വാക്യാർത്ഥാനത്തിന് കർമ്മജ്ഞാനത്തിൻ്റെ അപേക്ഷയില്ല എന്നാണ് പറയുന്നത് അനുപത്വം ബാക്കിയാർത്ഥാനം ഉണ്ടായില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വാക്യാർത്ഥാനം ഉണ്ടാകേണ്ട എല്ലാ നിയമങ്ങളും ഭാഷയെ സംബന്ധിച്ച് അറിയാവുന്ന ഒരാളിന്ന് കർമ്മത്തിൻ്റെ സഹായം ഇല്ലാത്തതുകൊണ്ടും ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്ന് വിധി നിഷേധ വാക്യാർത്ഥ പ്രത്യേക അഭാവേന അയാൾക്ക് വിധിവാക്യങ്ങളുടെയും നിഷേധവാക്യങ്ങളുടെയും ബോധം ഉണ്ടാകത്തില്ല അർത്ഥം ഞാനുണ്ടാകത്തില്ല ആണ് വിധി നിഷേധ വാക്യാർത്ഥ പ്രത്യം വാക്യാർത്ഥബോധം പ്രത്യേകം ബോധം വരുന്നുണ്ട് തഥർത്ഥ അനുഷ്ഠാന പരിവർജന അഭാവപ്രസംഗം അതുകൊണ്ട് എന്താണ് വാക്യാർത്ഥത്തിന്റെ അനുഷ്ഠാനം യാഗം ചെയ്യുക പരിവർജനം നിഷിദ്ധമായ കർമ്മങ്ങൾ ഒഴിവാക്കുക രണ്ടും സാധിക്കാറുണ്ട് എന്തുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാലേ വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാവും എന്ന് വന്നുകഴിഞ്ഞാൽ അപ്പൊ പറ്റില്ല പിന്നെ വാക്യാർത്ഥ ജ്ഞാനത്തിന് എന്ത് മതി എന്തു മതി വാക്യ ഭാഷയെ കുറിച്ചുള്ള ജ്ഞാനം ശരിയായ ഞാനുണ്ടെങ്കിൽ എന്തോരം വാക്യങ്ങളുടെ അർത്ഥം ഞാനുണ്ടാവും അല്ല കർമ്മവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല ഈ പറയുന്ന സിദ്ധാന്തം തന്നെ ഭൂർപക്ഷമാണെങ്കിൽ ഈ പറയുന്ന എന്താണോ സിദ്ധാന്തമാണ് തദ്ധതസ്ഥം തത് അർത്ഥ അനുഷ്ഠാന പരിവർജനെ പരസ്പരാശ്ര അതുമാത്രമല്ല അന്യോന്യാസരദോഷവും വരും വാക്യങ്ങളുടെ അർത്ഥാനം ഉണ്ടായാലേ കർമ്മം ചെയ്യാനും ഒഴിവാക്കാനും പറ്റും കർമ്മം ചെയ്യുകയും ഒഴിവാക്കുകയും ചെയ്താലേ വാക്യാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ആദ്യം തെയ്യും ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചെന്താണോ കർമ്മങ്ങൾ യുടെ സഹായത്തോടുകൂടി മാത്രമേ വാക്യാടത്തിൽ ഞാൻ ഉണ്ടാകൂ എന്ന് വന്നു കഴിഞ്ഞാൽ വാക്യാടത്തിൽ ഞാൻ ഉണ്ടാകാതെ ഇങ്ങനെ കർമ്മം ചെയ്യും എങ്ങനെ കർമ്മങ്ങളുടെ സഹായം ഉണ്ടാകും അപ്പോ വാക്യങ്ങളുടെ അർത്ഥജ്ഞാനത്തിന് കർമ്മങ്ങളുടെ സഹായത്തെ അപേക്ഷിക്കാൻ പറ്റില്ല കാരണം ഞാനോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റുമോ കർമ്മം ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവിടെ അന്യോന്യാശ്രയദോഷം വരുന്നുകൊണ്ട് ആദ്യം ജ്ഞാനം ഉണ്ടാവണം പിന്നെ കർമ്മം ചെയ്യാൻ പറ്റൂ എന്നാ കർമ്മം ചെയ്താലേ എന്തുവരും ജ്ഞാനം ഉണ്ടാവും അന്യോന്യാസരോഷം രണ്ടും നടക്കത്തില്ല അന്യോന്യാസര ദോഷം എന്ന് കഴിഞ്ഞാ രണ്ടും ചെയ്യാൻ പറ്റാതെ വരും കർമ്മത്തെ അപേക്ഷിച്ച് വാക്യാർത്ഥാനം ഉണ്ടായാലേ കർമ്മം ചെയ്യാൻ പറ്റുമെന്ന് വരിക രണ്ടും നടക്കില്ല അന്യോന്യാശ്രയദോ അന്യന്യാശ്രയദോഷമുള്ള കാര്യങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാനേ പറ്റത്തില്ലൊണ്ട് തദ്ർത്ഥ അനുഷ്ഠാന പരിവർജനയും കർമ്മങ്ങളുടെ അനുഷ്ഠാനവും ും എന്ന് വന്നുകഴിഞ്ഞാൽ പരസ്പര ആശയം അന്യന്യാസേ ദോഷം വരും എന്തുകൊണ്ട് തസ്മിൻ സതി തകൃത്വ അനുഷ്ഠാനം തസ്മിൻ സതി എന്ന് വെച്ചാൽ വാക്യാർത്ഥ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അനുഷ്ഠാനവും പരിവർജനവും അനുഷ്ഠാനം എന്ന് വെച്ചാൽ ചെയ്യുക പരിവർജനം വെച്ചാൽ ഒഴിവാക്കുക എല്ലാം ദിവേണ്ടി വേണം സ്മിൻ സതി എന്ന് പറഞ്ഞാൽ വാക്യാർത്ഥ ഞാൻ അതൊരു ഭാഗത്ത് പിന്നെ തഥശ്ഠ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു തദ്ബോധ വാക്യാർത്ഥം ഞാൻ ഇതി ഇങ്ങനെ അന്യന്യാസരദോഷ അതുകൊണ്ട് എന്താണ് സിദ്ധാന്തം പൂർവകാന്ഡമായാലും ശരി ഉത്തരകാണ്ഡമായാലും ശരി വാക്യാർത്ഥം ഞാൻ ഉണ്ടാകുന്നതിന് കർമ്മവുമായിട്ട് ബന്ധം ഇല്ല പിന്നെ ഇതുമായിട്ടാണ് ബന്ധം ഭാഷ ഞാൻ പറയുന്ന വേദാന്ത വാഖ്യാനാമേവ സ്വാർത്ഥ പ്രത്യാനേ കാർമാപേക്ഷന വാക്യാന്തരാണ് അപ്പൊ പൂർവശ് പറയാണ് ഞങ്ങളതല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറയുന്നത് എന്താണ് ആദ്യം സ്വാധ്യായം ചെയ്യുക അതാദോ ബ്രഹ്മജിജ്ഞാസ അവിടെ എന്താണ് ബ്രഹ്മജിജ്ഞാസയില് വാക്യങ്ങളുടെ അർത്ഥം ജ്ഞാനം ഉണ്ടാവുക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക അനന്തരം ബ്രഹ്മജിജ്ഞാസ അപ്പോ ഈ പറയുന്നതൊക്കെ പൂർവകാന്ഡത്തിലാണ് അവിടെ വാക്യാർത്ഥാനത്തിന് ശേഷം എന്തുണ്ടാവണം കർമ്മ അനുഷ്ഠിക്കണം കർമ്മ അനുഷ്ഠിച്ചിട്ട് ഉത്തരകാണ്ഡത്തി വരുമ്പോൾ എന്താണ് ആ കർമാനുഷ്ഠാനത്തിന് ശേഷം എന്താണ് ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് ഞങ്ങള് പറയുന്നത് അവിടെ അന്യോന്യാസിലെ ദോഷം ഉണ്ടാ കാരണം പൂർവ്വകാന്ഡത്തിലാണ് എന്താ എന്താ അനുഷ്ഠിക്കുന്നത് കർമ്മകാന്ഡം ഉത്തരകാണ്ഡത്തി വരുന്നു ബ്രഹ്മ ജിജ്ഞാസ് എന്താ ദോഷം അപ്പൊ അനന്തരം എന്ന് പറഞ്ഞാൽ കർമാനുഷ്ഠാനത്തിന് ശേഷം എടുക്കാം എന്തെടുത്താലോ അതാണ് എന്നുവെച്ചാ വേദാന്തവാക്യാനാമേ വേദാന്തവാക്യങ്ങളെ സംബന്ധിച്ചാണ് സ്വർത്തപ്രത്യനെ വാക്യാർത്ഥബോധം പ്രത്യയാനം എന്ന് വെച്ചാൽ ബോധം വാക്യാർത്ഥാനത്തിന് കർമാപേക്ഷ പൂർവകാന്ഡത്തിലെ കർമ്മങ്ങളുടെ അപേക്ഷ വരുന്നത് എന്നാ വാക്യാന്തരാണ മറ്റ് വാക്യങ്ങളെന്നു വെച്ചാൽ പൂർവകാന്ഡത്തിലെ വാക്യങ്ങൾക്ക് എന്തിന്റെ ആവശ്യമില്ല ആവശ്യമില്ല ാന്തരാണേക്ഷ എന്നർത്ഥം പൂർവകാന്ഡത്തിലെ വാക്യങ്ങൾക്ക് വാക്യാർത്ഥ ജ്ഞാനത്തിന് കർമാപേക്ഷയില്ല ഉത്തരകാന്ഡത്തിലാണ് എന്നാണ് പൂർവപക്ഷി പറയുന്നതെങ്കിലോ ഇതിന്റെ സാമ്പ്രദം എന്നുവച്ചാൽ സാമ്പ്രദം അത് ശരിയല്ലർത്ഥം വിശേഷഹേതു ഭാവാ നിങ്ങൾ എന്തായി പറയുന്നത് പൂർവകാന്ഡത്തിലെ വാക്യാർത്ഥാനത്തിന് കർമ്മത്തിന്റെ ആവശ്യമുണ്ട് ഉത്തരകാന്ഡത്തിലെ വാക്യാർത്ഥാനത്തിന് കർമാവേക്ഷമുണ്ടെന്ന് പറയുമ്പോൾ ഈ ഉത്തരകാന്ണ്ഡത്തിലെ വാക്യാർത്ഥാനത്തിന് കർമ്മങ്ങളുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നതിനെന്താ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും കാരണം പറയാനുണ്ടോ വിശേഷ ഏതോ ഭാവ ഉത്തരകാണ്ഡത്തിലെ വാക്യങ്ങളുടെ അർത്ഥജ്ഞാനത്തിന് കർമ്മസഹായം വേണോ എന്നുള്ള പ്രത്യേകിച്ചൊരു ഹേതു എന്ന് പറയാനുള്ള ഇനി ഉത്തരകാണ്ടത്തിൽ എങ്ങനെയാണ് എന്താ സംഭവിക്കുന്നത് എന്ന് പറയുന്നു തത്വമസി ഇത്യാദിവാക്യാം പദാർത്ഥ കർത്തൃഭോക്തൃത്വരൂപ നിത്യശുദ്ധബുദ്ധ ഉദാസീനസ്വഭാവന തത്പാർഥന പരമാത്മന ഐകൃ അശക്വരിതിപത്തനൂകൃത വിശുദ്ധസത്വ ശ്രദ്ധാനോരസ്സരം ണ്യം അവഗമിച്ച് ഇത് ഇപ്പൊ സിദ്ധാന്തി ഇവിടെ പൂർവക്ഷി പറയണം ഈ പൂർവക്ഷം പറയുന്ന കുറെ സിദ്ധാന്തവും പറയുന്ന പൂർവക്ഷി പറയുന്നത് എന്താണോ പൂർവകാന്ഡം പോലെ ഉത്തരകാന്ഡം ഉത്തരകാണ്ഡത്തിലെ വാക്യങ്ങളിൽ നിന്നും ബോധമുണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം കർമ്മങ്ങളുടെ അപേക്ഷ ഉണ്ടാവണം ഇതാണ് ആര് പറയുന്നത് എന്നാൽ ഈ പറയുന്ന ഭൂർപക്ഷത്തിൽ സിദ്ധാന്തിക്ക് സമ്മതമായ കാര്യങ്ങളും ഉണ്ട് സിദ്ധാന്തിക്ക് സമ്മതമല്ലാത്ത കാര്യങ്ങളും ഉണ്ട് ഇവിടെ സിദ്ധാന്തിക്ക് സമ്മതമല്ലാത്ത എന്താണ് ഞാൻ കർമ്മ സമിച്ച് അതാണ് സമ്മതമല്ലാത്തത് സിദ്ധാന്തിക്ക് സമ്മതമായ കാര്യം എന്താണ് കർമാനുഷ്ഠാനം ചിത്തശുദ്ധി ജ്ഞാനം ഇവിടെ പൂർവ്വപക്ഷത്തെ സിദ്ധാന്തം നിഷേധിക്കും നിഷേധിക്കുമ്പോ അപ്പൊ എന്തിനായിരിക്കും നിഷേധിക്കുന്നത് അത് നമ്മൾ അതിന്റെ അകത്തുനിന്ന് രണ്ടും പിരിച്ചെടുക്കും ഭാവതി കാലം പറയുമ്പോ ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞു പോവും അതുകൊണ്ട് ഭാവുമതി പഠിക്കുന്നവർക്ക് എന്താണ് പൂർവോഷവും എന്താണ് സിദ്ധാന്തവും തിരിച്ചറിയാൻ പ്രയാസപ്പെടും മനസ്സിലാക്കി ഊരേ വാക്യത്തിൽ തന്നെ എന്തുവരും സിദ്ധാന്തം വരും സിദ്ധാന്തമനുസരിച്ച് പറയുന്നത് ശരിയാക്കാം പൂർവം അനുസരിച്ച് പറയുന്നത് തെറ്റുമാകാം ഇവിടെ പൂർവം അനുസരിച്ച് ഇതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് തത്വമസീതി വാക്യാ കത്തുമസിന്ന് പറയുന്ന ആ വാക്യത്തിൽ നിന്നും തൊമ്പതാർത്ഥം എന്ന് പറയുന്നത് എന്താണ് കർത്തൃ ഭോക്തൃ രൂപമാണ് ഇത് രണ്ടു കൂട്ടർക്ക് സംബന്ധമായ കാര്യമാണ് ജീവാത്മന ആണ് ജീവാത്മാവ് ജീവാത്മാവ് പറയുമ്പോൾ ആത്മാവിന്റെ പാചാരത്വതാണല്ലോ കർത്താവും ഭോക്താവുമായ ജീവാത്മാവ് അതിനായി പിന്നെ നിത്യ ശുദ്ധ ബുദ്ധ ഉദാസീന സ്വഭാവീന തത്പദാർത്ഥേന തത്പദാർത്ഥം എന്താണ് അത് നിത്യമാണ് ശുദ്ധമാണ് ബുദ്ധമാണ് ഉദാസീന അസംഘമാണ് അങ്ങനെയുള്ള സ്വരൂപം സ്വഭാവം എന്ന് വെച്ച സ്വരൂപത്തോടു കൂടിയ തത്പദാർത്ഥവുമായിട്ട് ആ തത്പദാർത്ഥം എന്താണ് പരമാത്മന ഇപ്പൊ ജീവാത്മാവിനെയാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പറയുന്നതിന് പരമാത്മാവിന് അപ്പൊ ജീവാത്മന ജീവാത്മന പരമാന്വേഷിക്കണം തൊമ്പ ജീവാത്മന തൊർവക്ഷ്യം പറയുന്നുണ്ട് സിദ്ധാന്തിയും പറയുന്നുണ്ട് പൂർവക്ഷ ഐക്യത്തെക്കുറിച്ച് എന്താ പറയുന്നത് സിദ്ധാന്തി എന്നാണ് പറയുന്നത് ഐക്യത്തെക്കുറിച്ച് ഐക്യം ും ഈക്യം ദ്രാഗ് ഇത്യവ പ്രതിപത്തും പെട്ടെന്ന് ഗ്രഹിക്കുക ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് തത്വമസിന്ന് കേട്ട് കേട്ടുടനെ ഗ്രഹിക്കുക അത് മനസ്സിലാക്കുക പറയുന്നത് അസഖ്യം സാധിക്കുന്ന കാര്യമല്ല പറയുന്നു രണ്ടു കൂട്ടർക്ക് സമ്മതമായ കാര്യമാണ് കുറോക്ഷിക്ക് സമ്മതമാണ് ശ്രദ്ധാന്തിക്ക് തത്വമസീന്ന് കേട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് രണ്ടും വിരുദ്ധ സ്വഭാവമാണ് തുമ്മെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കർത്താവും ഭക്താവുമാണ് തത്ത് എന്നു പറഞ്ഞാലോ നിത്യശുദ്ധ ബുദ്ധമാണ് ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കുന്നത് എന്താണ് പ്രതിബത്തും ദ്രാഗത്യ പെട്ടെന്ന് അത് സാധിക്കില്ല എന്തുകൊണ്ട് ആപാതത അശുദ്ധ സത്വേ പൊതുവെ ജീവന്മാരിൽ അങ്ങനെയുള്ളവരാണ് അശുദ്ധ അന്ധക്കണ്ണമുള്ളവരാണ് സത്വം എന്ന് വെച്ചാൽ അന്തക്കണ്ണം അശുദ്ധമായ അന്ധക്കണ്ണത്തോടുകൂടിയവരാണ് ഇത് ആര് പറയുന്നത് പൂർവക്ഷണം ശുദ്ധാന്തിയാണോ രണ്ടുപേരും പറയുന്നത് ഇത് രണ്ടുപേർക്ക് സമ്മതമായ കാര്യമാണ് തത്ത് മസീന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അയ്യും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പൊതുവെ മനുഷ്യരെല്ലാം അശുദ്ധസത്വമാണ് എന്താ കാരണം യോഗ്യതാ വിരഹ നിശ്ചയ ഈ തത്തും തൊമ്മും ഒന്നാണ് അതൊന്നിനുള്ള ആ യോഗ്യത ആ യോഗ്യതയുടെ അഭാവം അതിന്റെ നിശ്ചയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു യോഗ്യതയില്ല എന്നുവെച്ചാൽ എന്താണ് രണ്ടും വിരുദ്ധമാണ് തത്തു തൊമ്മെന്ന് പറയുന്നത് എന്താണ് കർത്താവും ഭോക്താവുമാണ് തത്വം എന്ന് പറയുന്നത് നിത്യശത്വമാണ് രണ്ടും ഒന്നാകുന്നതിനുള്ള യോഗ്യത ഇല്ല എന്ന് നിശ്ചയമുള്ളത് കൊണ്ട് യോഗ്യതാ വിരഹസ്യം നിശ്ചയ ഈ കേൾക്കുന്നവന് രണ്ടും ഒന്നാണെന്നുള്ള രണ്ടും ഒന്നാകുന്നതിനുള്ള യോഗ്യത ഏത് തത്തും തൊന്നും തൊമ്മും ഒന്നാകുന്നതിനുള്ള യോഗ്യത ഇല്ല എന്തുകൊണ്ടില്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തത് അറിയില്ലാത്ത രണ്ടും പരസ്പര വിരുദ്ധമാണ് തൊമ്മെങ്ങനെയുള്ളത് തെങ്ങനെയുള്ളത് ഇപ്പൊ രണ്ടും ഒന്നാവുന്ന യോഗ്യതയുണ്ട രണ്ടും ഒന്നാവുന്ന യോഗ്യത ഇല്ല എന്ന് നിശ്ചയമുണ്ട് ആർക്ക് ആർക്കാണ് അശുദ്ധ സത്വവിഹേ ശുദ്ധമായ അന്ധകരണമുള്ളവർക്ക് രണ്ടും ഒന്നാകുന്നതിനുള്ള യോഗ്യതയില്ല എവിടെയാണ് യോഗ്യത വരേണ്ടത് എവിടെയാണ് യോഗ്യത വരേണ്ടത് അർത്ഥത്തില് തത്വം തത്വത്വം ഇതിനാണ് യോഗ്യത വരേണ്ടത് എന്ത് യോഗ്യത ഒന്നാകുന്നതിനുള്ള യോഗ്യത എന്തുകൊണ്ട് വരുന്നില്ല അത് വിരുദ്ധ സ്വഭാവമുള്ളതിന് യോഗ്യത വരുത്തില്ല ഒന്നാവാണുള്ള യോഗ്യത വരത്തില്ല ഈ അത് യോഗ്യതയില്ല എന്നുള്ള നിശ്ചയം എവിടെ വരണം അശുദ്ധസത്വം അവരുടെ മനസ്സിൽ വന്നിരിക്കണം അതാണ് യോഗ്യതാ വിരഹ നിശ്ചയ അവിടെ അങ്ങനെ ഒരു യോഗ്യത ഇല്ല എന്നുള്ള നിശ്ചയമാരുടെ മനസ്സിലുണ്ട് അശുദ്ധ സത്വം അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് രണ്ടു ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല യോഗ്യതാ വിരഹം നിശ്ചയം നാല് പറയുന്നു രണ്ടുപേരും പറയുന്നു അതാണ് അടുത്ത് പറയുന്നത് യജ്ഞ അന്തർമോ വിശുദ്ധ സത്വാ ശ്രദ്ധദാനം താത്മ്യം അവഗമിഷ്യതി അവഗമിഷ്യന്തി അവഗമിഷ്യന്തി ചെയ്യും ഇത് ചെയ്യം എന്ന് പറയുമ്പോ ഇതെന്താണ് പൂരോഷം ഇവിടെ എന്താ പറയുന്നത് ഇങ്ങനെയാണെങ്കിലും അശുദ്ധ അന്ധകരണന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും യജ്ഞദാന തപ തനൂകൃത അന്തർമതാസ്തു യജ്ഞം ദാനം തപസ് ഇതെല്ലാം കൊണ്ട് തനൂഹൃതമായ സൂക്ഷ്മമായി കഴിഞ്ഞ അന്തർമലാസ്തു അന്ധകർണ മലങ്ങൾ സൂക്ഷ്മമായവർക്ക് അവരെങ്ങനെയുള്ള ഒരു വിശുദ്ധ സത്വ വിശുദ്ധമായ അന്ധകർണമുള്ളവര് ശ്രദ്ധധാനാഹ അങ്ങേറ്റം ശ്രദ്ധയുള്ളവര് യോഗ്യതാ അവഗമ പുരസ്സരം അവര് അവഗമം യോഗ്യത ജ്ഞാനമുണ്ടായിട്ട് എന്ത് യോഗ്യത തത്പദാർത്ഥത്തിന്റെയും പദാർത്ഥവും ഏകമാകുന്നതിനുള്ള യോഗ്യതാർത്ഥവും ഒന്നാകുന്നതിനുള്ള യോഗ്യതയെന്ന് അറിഞ്ഞിട്ട് അതാണ് യോഗ്യത അവഗമപുരസരം താധാന്യം അവഗമിശരി രണ്ടും ഒന്നാണെന്ന് അവരറിയും പറഞ്ഞാൽ എന്താണ് കർമ്മം കൊണ്ട് ചിത്തശുദ്ധി വന്നിട്ട് എന്താണ് അശുദ്ധമായ അന്ധക്കരണമുള്ളവർക്ക് ഇത് രണ്ടും ഒന്നാകുന്നതിനുള്ള യോഗ്യത ഇല്ല എന്നാണ് ഉറപ്പുള്ളതെങ്കിലും ഇങ്ങനെ ചിത്തശുദ്ധിയുള്ളവര് ഇത് രണ്ടും ഒന്നാകുന്നതിനുള്ള യോഗ്യതയുണ്ടെന്ന് അറിയും അങ്ങനെ അവരറിയും എന്ന് പറയും ഇത് പുറോക്ഷ സിദ്ധാന്തം അപ്പൊ യോഗ്യത ഉള്ളവര് ഇതൊന്നാണെന്നറിയില്ലേ അന്ധക്കരണ ശുദ്ധിയുള്ളവര് പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന് അറിയത്തില്ലേ പിന്നെങ്ങനെ കുറേ വർഷമാവും അങ്ങനെ അങ്ങ് കുറവാന് പറ്റും ഈ പറയുന്ന കാര്യം എന്താണ് അന്ധക്കരണത്തിന് ശുദ്ധിയുള്ളവര് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നറിയെന്ന് പറഞ്ഞ അത് സിദ്ധാന്തമാണോ പൂരോക്ഷണോ അങ്ങനെ അതിന് ശേഷം പിന്നെന്താ അതിനുശേഷം കാര്യം വീണ്ടും പറയുന്നത് ഞാനുണ്ടാകുന്നതുവരെ അല്ലേ പറയുന്നുണ്ട് അതുകൊണ്ടാ ചോദിച്ച പൂർവ്വക്ഷണോ സിദ്ധാന്തമാണോ അതങ്ങനെ രണ്ടു പൂർവക്ഷ പറയുന്നത് സിദ്ധാന്തം പറയുന്നത് ഒന്നോ ഇതുവരെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച ഉത്തരം പറയാൻ പറ്റും അതായത് ആ ഈ പറയുന്ന കാര്യങ്ങള് ശെരിയാണ് യജ്ഞോ ദാന തപസ്തൈവ പാവനാനി മനീഷനാ ഗീതയുടെ അർത്ഥമാണ് പറയുന്നത് എല്ലാ ദാന തപസ്സുകളെല്ലാം എന്ത് ചെയ്യും മനുഷ്യനെ പരിശുദ്ധമാകും പക്ഷെ അത് ക്രമമായിട്ടായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തം ഇത് ഒരുമിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പൂർവം അതാണ് ഇവിടുത്തെ വ്യത്യാസം ഇത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് പൂർവക്ഷം തന്നെ പക്ഷെ പൂർവക്ഷം എന്തുകൊണ്ട് ഇവിടെ പൂർവക്ഷി പറയുന്നത് എന്താണ് തത്വം എന്ന് പറയുന്ന ആ വാക്യങ്ങളുടെ അർത്ഥം ഏകത്വം ജ്ഞാനം അന്ധക്കരണം അശുദ്ധമാണെങ്കിൽ അവര് ധരിക്കുന്ന എന്താണ് ഏകത്വം സാധ്യമാകത്തില്ല യോഗ്യതാ വിരഹം നിശ്ചയമാണ് എന്നാൽ ഈ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ജ്ഞാനത്തോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ശ്രവണ മനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം യജ്ഞദാന തപസ്സുകളൂടി ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും ജ്ഞാനവും ഉണ്ടാകും ആ ജ്ഞാനത്തിന്റെ സമയത്ത് തന്നെ അവർക്ക് അവരെന്ത് ചെയ്യണം കർമ്മവും ചെയ്യണം ജ്ഞാനകർമ്മ സമിതി ജ്ഞാനവും കർമ്മവും ഒരേ സമയം നടക്കണം ജ്ഞാനം ഉദ്ദേശിക്കുന്നത് എന്താണ് ശ്രവണമനന നിത്യാസനങ്ങളിലൂടെ ജ്ഞാനം ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യണം യജ്ഞന്താനന്ദ്രും ചെയ്തുകൊണ്ടേ കർമ്മ സമുച്ചയം ഇതാണ് പൂർവ്വക്ഷി പറയുന്നത് വണ്ടിയിൽ വെച്ചാ നാഷന്റെ കൂടെ വണ്ടി വെച്ചിട്ട് താക്കോറിഞ്ഞുണ്ടോ ഫ്രണ്ടില് ഡ്രൈവർ സീറ്റിന്റെ അപ്പുറത്തെ സീറ്റിന്റെ മുമ്പിൽ എന്താണ് സമുച്ചയം ഇതാണ് പൂർവക്ഷി പറയാൻ ആഗ്രഹിക്കുന്നു ഒരേ സമയം തന്നെ എന്ത് ചെയ്യണം ഈ പരിപാടികളെല്ലാം ചെയ്യണം എന്താണ് ശ്രവണം മനനം നിത്യാസനം ചെയ്യണം അങ്ങനെ ജ്ഞാനവും ഉണ്ടായി വരും അതേസമയം തന്നെ എന്തു ചെയ്യണം യജ്ഞ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇതിന് ഇത് ചെയ്യുന്നത് പൂർവക്ഷമാക്കിയത് എന്നാ ഇതിനകത്തൊരു സിദ്ധാന്തം ഒളിഞ്ഞിരിക്കുന്നുണ്ട് സിദ്ധാന്തം എന്താ പറയുക നീ പറയുന്നതെല്ലാം ശരിയാണ് ഈ പൂർവക്ഷേ അല്ല അന്ധക്കരണം അശദ്ധമാണെങ്കിൽ ഒരാൾക്ക് ജീവാത്മ പരമാത്മ ഏകത്വം ഏകത്വം അസംഭവമാണെന്നാണ് അയാൾ ധരിക്കുന്നത് ഏകത്വ യോഗ്യതയില്ലെന്നയാളുധരിക്കുന്നു പക്ഷെ അയാൾ എന്ത് ചെയ്യണം യജ്ഞദാന തപസ്സുകളൊക്കെ ചെയ്ത് ചിത്തം ശുദ്ധമായതിനു ശേഷം ശ്രവണ മലണങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞു അപ്പൊ ചിത്രം ശുദ്ധമായതിനു ശേഷം ശ്രവണമലനങ്ങൾ ഏർപ്പെടുക എന്ന് പറയുന്നതും ശ്രവണ മലണങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ യജ്ഞദാന തപസ്സുകൾ ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർമ്മയാണ് എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് ഇന്ന് പറഞ്ഞത് യജ്ഞദാന തപസ്സുകളെല്ലാം അനുഷ്ഠിച്ച് ചിത്തം ശുദ്ധമായതിനു ശേഷം ശ്രോണ മനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ് സന്യാസം മനസ്സിലായോ അപ്പൊ ചിത്ത ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യണ്ട കർമ്മം ചെയ്യണ്ടെന്നു വെച്ചാൽ സന്യാസമാണ് യജ്ഞദാന ദിവസുകളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ശ്രവണമന്നാദികൾ ചെയ്യണമെന്ന് പറഞ്ഞ എന്തായി ഗൃഹസ്ഥാശ്രമം മനസിലായ ഇതാണ് രണ്ടാ അപ്പൊ സമുച്ചയവാദി എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ പിടിക്കുന്നവരാണ് അവർ പറയുന്നതെല്ലാം ഒരേ നടക്കണം ഇതാണ് സമുച്ചയവാദി പറയുന്നത് അല്ല ഇത് ക്രമമായിട്ട് കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ സന്യസ്യ ശ്രവണ കുരിയാവുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതാണ് ഈ രണ്ടു മിന്ന വ്യത്യാസം ഈ സമുച്ചയം എന്ന് പറഞ്ഞാ എന്റെ അർത്ഥം ഇതാണ് ഗാർഹസ്ഥ ഇരുന്നുകൊണ്ട് തന്നെ ശ്രവണ മരണങ്ങൾ ചെയ്യണമോ അതോ അത് ഉപേക്ഷിച്ചിട്ട് ശ്രവണ മരണങ്ങൾ ചെയ്യണം അത് ഉപേക്ഷിക്കണം സന്യാസം തന്നെ വേണം അതിനു വേണ്ടിട്ടാണ് ഈ പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ പൂർവക്ഷി പറയുന്നത് ഇതിൽ ഇത് ചെയ്തതെന്ന് വിചാരിച്ചിരിക്കുന്നോണ്ട് പൂർവക്ഷി എന്താ പറയുന്നത് ഒരുമിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഗർഭസ്ഥ്യത്തിൽ തന്നെ ഇതെല്ലാകുന്നതാണ് ആ ഗർഭസ്ഥ്യുന്ന വാക്കുകൂടെ ഉപയോഗിക്കില്ല പക്ഷെ ശരിക്കും എന്താണോ അതങ്ങനെ മനസ്സിലാക്കണം ഇത് ചെയ്ത് ഇതിന് ഇതിലെ പൂർവപക്ഷത്വം നിഷേധിക്കുന്നു ഇവിടത്തെ സിദ്ധാന്തത്തെ പുറത്തെടുക്കുന്നില്ല ഇപ്പം അത് അവസാനേ പറയത്തുള്ളു അവധികാരന്റെ സിദ്ധാന്തവിടെ പറയല ഇവിടെ ഇപ്പം പൂർവക്ഷമായിട്ട് മാത്രം മനസ്സിലാക്കിയത് എന്താണ് സമസമുച്ചയം അതിനെ നിഷേധിക്കാണ് യോഗ്യത അവധാരണം കർമ്മണോ വക്തും ചോദിക്കുകയാണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ ജീവാത്മ പരമാത്മ ഏകത്വത്തിന്റെ ഏകത്വത്തിനുള്ള ഒരു യോഗ്യത അത് നിശ്ചയിക്കണം അത് നിശ്ചയിക്കണമെങ്കിൽ എന്ത് വേണം ചിത്തശുദ്ധി വേണമെന്ന് പറഞ്ഞു ചിത്തശുദ്ധി വേണമെങ്കിൽ എന്ത് വേണം കർമ്മം ചെയ്യണം അപ്പൊ കർമ്മം കൊണ്ട് ചിത്തശുദ്ധി അങ്ങനെ യോഗ്യതയെ നിശ്ചയിക്കുക യോഗ്യത നിശ്ചയിക്കുക എന്ന് പറയുന്നത് എന്താണ് പ്രമേയാണ് മനസ്സിലായോ ഒരാള് പറയണം ജീവാത്മാവും പരമാത്മാവും ഏകമാവുന്ന യോഗ്യതയുണ്ട് എവിടെയുണ്ട് യോഗ്യത തത്വർത്ഥത്തിൽ തത്വം പദങ്ങളുടെ അർത്ഥത്തിൽ അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ഒന്നാകുന്ന പക്ഷെ അങ്ങനെ യോഗ്യതയുണ്ടെന്നുള്ള ആ യോഗ്യത നിശ്ചയം ഇവിടെ വരണം ആ നിശ്ചയിക്കുന്നതു കൊണ്ട് മനസ്സിൽ അങ്ങനെ ഒരു നിശ്ചയം വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയും പ്രമെന്ന് പറയും നിശ്ചയത്തിന് എന്താ പറയുന്നത് പ്രമ പ്രമ എന്തിൽ നിന്നാ ഉണ്ടാകുന്നത് ഏ പ്രമാണങ്ങൾ ഏതൊക്കെയാണ് പ്രമാണങ്ങൾ ഏതൊക്കെയാണ് പ്രത്യക്ഷ അനുമാനപമാനം ശബ്ദം തുടങ്ങിയവയാണ് പ്രമാണങ്ങൾ അപ്പൊ പ്രമാണങ്ങളിൽ നിന്നെ എന്തുണ്ടാവു പ്രമേയം ഉണ്ടാകും എളുപ്പം എന്താ പറയുന്നത് കർമ്മം ചെയ്ത് പ്രമേയം ഉണ്ടാകും അപ്പൊ കർമ്മത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാവും എന്തുകൊണ്ട് കർമ്മം പ്രമാണമല്ല കർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്ന യജ്ഞദാന തപസ്സുകളൊന്നും എന്താണോ പ്രമാണല്ല പിന്നെ അതിൽ നിന്നെങ്ങനെ പ്രമേയം ഉണ്ടാവും യോഗ്യതാ അവതാരണമെന്ന് പറയുന്നത് എന്താണോ ഈ ജിജ്ഞാസുവിനുണ്ടാകുന്ന പ്രമേയാണ് പക്ഷെ ആ പ്രമേ എവിടെ തന്നെ ഉണ്ടാവും പ്രമാണത്തിൽ ഇപ്പൊ പറയുന്ന എന്താണ് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പ്രമേയം ഉണ്ടാകുമെന്നാണ് കർമ്മം ചെയ്ത് പ്രമേയം ഉണ്ടാവണമെങ്കിൽ കർമ്മം എന്താവണം പ്രമാണം പ്രമാണത്തിൽ കർമ്മം പെടുന്നില്ല പ്രത്യക്ഷം അനുമാനം ഉപമാനം ശബ്ദം ഇതൊക്കെയാണ് പ്രമാണം അതിനെ കുറിച്ച് അറിയണം എന്നാലേ കൃത്യമായി മനസ്സിലാവും എന്താണ് പ്രമാണെന്നുള്ളത് അതുകൊണ്ട് പൂർവത്തെ ഖണ്ഡിക്കയാണ് നിങ്ങൾ പറയുന്നത് എന്താണ് യോഗ്യതാ അവധാരണം ജിജ്ഞാസുവിന്റെ മനസ്സിലുണ്ടാകുന്നത് യജ്ഞദാന തപസ്സുകളുടെ അനുഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിസ്ഥാനപരമായി തെറ്റാണ് കാരണം കർമ്മം എന്ന് പറയുന്ന ഒരിക്കലും പ്രമേയെ ഉണ്ടാക്കത്തില്ല ഇത് പറയുന്നു ഇതിന് ഇനി ഇതെല്ലാം ഒരു സിദ്ധാന്തമുണ്ട് എന്താണ് കർമ്മം പ്രമേയമുണ്ടാക്കൂല്ലെങ്കിൽ പിന്നെ ചിത്തശുദ്ധിയോണ്ട് പ്രമേയം ഉണ്ടാവും എന്ന് പറയുന്നങ്ങനെ സിദ്ധാന്തം എങ്ങനെയാണ് ഇവിടെ കർമ്മം കൊണ്ട് ചിത്തശുദ്ധിയുണ്ടാവും ചിത്തശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകും അതാണ് സിദ്ധാന്തം ഇവിടെ കർമ്മം കൊണ്ട് ചിത്തശുദ്ധിയുണ്ടായി ചിത്തശുദ്ധി ഉണ്ടാവുമ്പോൾ പ്രമേയമുണ്ടാവും എന്ന് പറയുന്നതിന് ഇവിടെ നിഷേധിക്കാൻ കർമ്മം കൊണ്ട് പ്രമേയം ഉണ്ടാവും എന്ന് പറയുന്നതിനാണെന്ത് നിഷേധിക്കും കർമ്മം കൊണ്ട് ചിത്തശുദ്ധിയുണ്ടായി ചിത്തശുദ്ധിയുണ്ടായാൽ വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാവും എന്ന് പറഞ്ഞാന് നിഷേധിക്കും അപ്പോൾ പറയുന്ന ഈ പറയുന്നിടത്തല്ലേ എന്തുവരും പുരോഷം വരും സിദ്ധാന്തം അവനോട് ചോദിക്കുന്നത് എന്ത് തത്കും ഇതാനിയും നിങ്ങൾ പ്രമാണ കാരണകം പ്രമാണം കാരണം യസ് പ്രമാണം കാരണമായിരിക്കേണ്ടതായ യോഗ്യതാ അവധാരണം യോഗ്യതാ നിശ്ചയമാകുന്ന പ്രമ അത് പ്രമാണത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് അത് അപ്രമാണാത് കർമ്മണോ പ്രമാണമല്ലാത്ത കർമ്മത്തിൽ നിന്ന് ഭക്തം അധ്യവസിതോസി അത് പറയുന്നതിനോ ഒരുപെട്ടിരിക്കണോ നിങ്ങൾ എന്തു പറയുന്നതിന് അപ്രമാണമായ കർമ്മത്തിൽ നിന്ന് പ്രമ ഉണ്ടാകുമെന്ന് പറയുന്നതിന് നിങ്ങൾ തയ്യാറാവുകയാണോ പ്രത്യക്ഷാദ് അതിരിക്തമ്പ കർമാഭിപ്രമാണം പ്രത്യക്ഷാദികളിൽ നിന്നും അതിരക്തമായി കർമ്മത്തെയും നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ പൂർവക്ഷയോട് ചോദിക്കേണ്ട കർമ്മം കൊണ്ട് യോഗ്യതാ അവധാരണം നിശ്ചയം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി തെറ്റുണ്ടെന്നാണ് കർമ്മത്തിൽ നിന്നും പ്രമേയം ഉണ്ടാകും അത് ശരിയല്ല പ്രമേയത്തിൽ നിന്നേ ഉണ്ടാവൂ പ്രമാണത്തിൽ നിന്നും കർമ്മം എന്തല്ല പ്രമാണമല്ല പൂർവ്വർഷത്തെ കണ്ണിക്കുകയാണ്